ദൈവത്തിന് സ്തോത്രം ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനത്തിൽ നിന്ന് ശ്രവിക്കുവാനും ഒക്കെ ദൈവം നൽകിയ ഈ നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം കഴിഞ്ഞ ചില ആഴ്ചകളായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു നാം ദാഹത്തോടെ വിശ്വാസത്തോടെ നാം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നാം പ്രാപിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ശക്തി വേണം ശക്തിയില്ലാതെ കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാനായിട്ട് നമുക്ക് പറ്റുകയില്ല എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞ നാം ചിന്തിച്ചപ്പോൾ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈ ശക്തി മാത്രം അല്ല നമ്മെ പഴയ പഴയ നിയമത്തിലെ ദൈവഭക്തന്മാരായ ആളുകൾ അവർക്ക് ദൈവഭയമുണ്ടായിരുന്നു ദൈവഭായത്തോടുകൂടെ ജീവിച്ച ഈ ദൈവഭായത്തോടുകൂടെ ജീവിച്ച ജോസഫ് അവരെ നുറുക്കപ്പെട്ടവരായിരുന്നു അപ്പോൾ നമുക്ക് ദൈവഭയം അതുപോലെ നുറുക്കം അതുപോലെ പരിശുദ്ധാത്മനിറവ് ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് സന്തുലിതമായ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്ന് നാം ചിന്തിച്ചു പരിശുദ്ധാത്മാവിന് നമ്മെ പ്രൊസസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയല്ല ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ് അവിടെ അപ്പോൾ ഈൽഡ്നെസ്സിന് നുറുക്കത്തിന് ദൈവഭയത്തിനെല്ലാം അവിടെ പ്രാധാന്യമുണ്ട് എന്ന് നാം ചിന്തിച്ചു നമുക്ക് പല മീറ്റിങ്ങുകളിലായി പലപ്പോഴായി കോൺഫറൻസുകളിലായി നാം ദൈവിക സത്യങ്ങളെ നാം കേൾക്കുന്നു നാം മനസ്സിലാക്കുന്നു നമ്മുടെ ഇന്ന് സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾ വാക്യം പറഞ്ഞപ്പോൾ ഒരു മോനെ ഇപ്രകാരം വാക്യം പറഞ്ഞു റോമലേഖനം പത്താം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ നിന്ന് പറയുകയുണ്ടായി യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയണം എന്നാൽ അതോടെ ചേർന്ന് പറയുന്നത് ദൈവം അവനെ മരിച്ചതിൽ നിന്ന് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം വായ് കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം വായ് കൊണ്ട് അല്ലാതെ അവിടെ ുദ്ധി കൊണ്ട് നിങ്ങൾ സംവദിക്കണം ഒരു ഇൻ്റലക്ച്വൽ അസെൻറ്റ് ആ ഞാൻ അതിനോട് യോജിക്കുന്നു നിങ്ങൾ ബൗദ്ധികമായി ഈ കാര്യങ്ങളോടൊക്കെ യോജിക്കുന്നു എന്നല്ല അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ അപ്രകാരം നിങ്ങൾ ചിന്തിക്കുന്നു എന്നല്ല നിങ്ങൾ ഹൃദയം കൊണ്ട് ഈ സത്യങ്ങൾ വിശ്വസിക്കണം ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ നിങ്ങൾ ഈ സത്യങ്ങൾ ഏറ്റെടുക്കണം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അതുമാത്രമല്ല നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളതങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് പിശാജിന് നാം പറയുന്നത് കേൾക്കാം നമുക്ക് പിശാജിനോട് എതിർത്ത് നിൽക്കണം നമ്മൾ നാം മുമ്പാകെ സഭയുടെ മുമ്പാകെ നാം നമ്മുടെ ഉള്ളത്തിൽ നാം ശബ്ദത്തോടു കൂടെ ശബ്ദമുയർത്തി നമ്മുടെ സാക്ഷ്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ വാചകങ്ങളൊക്കെ നാം ഏറ്റു യേശുവിനെ എൻ്റെ കർത്താവാണ് എന്ന് ഞാൻ എൻ്റെ വായു കൊണ്ട് ഏറ്റു പറയണം എന്നവിടെ പറയുന്നു അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ബുദ്ധിയിൽ അറിയാം പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം ഏതോ ഒരു ചെറുപ്പക്കാരനോട് ദൈവഭക്തനായ ഒരു ദൈവദാസൻ പറഞ്ഞു വളരെ ആത്മീക കാര്യങ്ങൾ ആത്മീക ഭാഷ ഈ ചെറുപ്പക്കാരനോട് ആ ദൈവഭക്തനായ മനുഷ്യൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഒരടി താഴോട്ടിറങ്ങണം എന്ന് പറഞ്ഞു ഒരടി താഴോട്ടിറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഇത് തലയിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ അത് തലയിൽ നിന്ന് അത് ഹൃദയത്തിലേക്ക് എത്തണം ഒരടി താഴേക്കിറങ്ങണം നമ്മെ സംബന്ധിച്ചോളം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് വിജയകരമായി മുമ്പോട്ട് പോകണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന് അതുകൊണ്ട് വളരെ അടിസ്ഥാനപരമായി നാം പല കേട്ടിട്ടുള്ള ചില ദൈവീക സത്യങ്ങൾ ഇവിടെ പുതുതായിട്ടൊക്കെ പലരും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവരെ അവർക്കൊക്കെ ഈ കാര്യങ്ങൾ നാം എന്താണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്ന നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ കാതലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം അത് മനസ്സിലാക്കണം അത് മനസ്സിലല്ല മനസ്സിലാക്ക നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങണം നമ്മുടെ ബുദ്ധിയിൽ നമുക്കറിയാവുന്ന പല കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം നമുക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചേർന്ന് ചിന്തിക്കാം ഒന്നാമതായി ദൈവം സ്നേഹിക്കുന്നു ദൈവം എനിക്കായി കരുതുന്നു ദൈവത്തിന് എന്നെക്കുറിച്ച് നല്ല പദ്ധതികളുണ്ട് വളരെ ലളിതമായ ഒരു സത്യമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റുവാൻ നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുവാൻ ഏത് സാഹചര്യത്തിലും നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്ന ആഴമായ നമ്മുടെ തലയിലാണെങ്കിൽ നമുക്ക് ഇത് ചിലപ്പോൾ നമ്മൾ വാക്യം ഉദ്ധരിച്ചെന്ന് വരാം നമുക്ക് പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എനിക്കായിട്ട് കരുതുന്നു ദൈവത്തിന് എന്നെക്കുറിച്ച് നല്ല പദ്ധതികളാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് എന്ന ഒരു കാര്യം നാം എല്ലാവരും ഈ കാര്യത്തിൽ നാം ഉറക്കേണ്ടതാണ് നമുക്ക് യോഹനൻ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ അറിയാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നല്ലപ്പോഴായി കേട്ടിട്ടുണ്ട് ആ ലോകത്തെ എന്ന് പറയുന്നത് നമ്മുടെ പേരിനെ അവിടെ നാം വെക്കണം അപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകരുത് ഞാൻ നിത്യജീവൻ പ്രാപിക്കണം എന്നാണ് ദൈവത്തിന് താല്പര്യമുള്ളത് നിത്യജീവൻ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ജീവനാണ് അത് ദൈവ സ്വഭാവമാണ് ഞാൻ ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കണം ഞാൻ ദൈവ സ്വഭാവം പ്രാപിക്കണം എന്ന് ദൈവത്തിന് താല്പര്യമുള്ളത് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി നൽകി അപ്പോൾ ദൈവം അവനെ നൽകി എന്ന് പറയുമ്പോൾ കർത്താവ് കർത്താവിന് യേശുവിൻ്റെ ജീവനെ നൽകി യേശു ക്രൂസിൽ നമുക്ക് വേണ്ടി മരിച്ചു യേശുവിൻ്റെ ജീവിതം നമുക്ക് നൽകി ക്രൂസിൽ യേശു മരിച്ചത് മാത്രമല്ല യേശു മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ച് ഓരോ പരീക്ഷയിലൂടെയും കടന്നുപോയി ആ പരീക്ഷയിലൊക്കെ ജയാളിയായി എൻ്റെ കാഴ്ചവീടുകളെ പിന്തുടർന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് യേശു നമുക്ക് തൻ്റെ ജീവനും തൻ്റെ ജീവിതവും നൽകി നമ്മെ സ്നേഹിച്ചു ദൈവം നിത്യജീവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം എന്നെ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചു നമുക്ക് ഈ ഒരു സത്യം ഇത്രയും എന്നെ സ്നേഹിച്ചെങ്കിൽ ഞാൻ നശിച്ചു ഞാൻ രക്ഷിക്കപ്പെടണം ഞാൻ ദൈവിക ജീവനിൽ ഞാൻ വളരണം ദൈവ സ്വഭാവത്തിൽ ഞാൻ വളരണം എന്നാഗ്രഹിച്ച് യേശുവിൻ്റെ ജീവനെയും യേശുവിൻ്റെ ജീവിതത്തെയും ദൈവം എനിക്ക് നൽകിയെങ്കിൽ എനിക്ക് മറ്റു എല്ലാ കാര്യങ്ങളും ദൈവം നൽകില്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം എന്നെ സഹായിക്കില്ലേ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ദൈവം എനിക്ക് നൽകിയെങ്കിൽ എനിക്ക് നമ്മൾ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം ഇങ്ങനെ ഒരു ആവർത്തിച്ച് അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട് അവിടെ പറയുന്നത് എത്രയധികം എന്ന് പല അവിടെ ഉപയോഗിക്കുന്നുണ്ട് റോമൻ ലോ അഞ്ചാം അധ്യായത്തിലാണ് ഒമ്പതും ഒമ്പതും വാക്യം ഞാൻ എട്ടും മുതൽ വായിക്കാം ക്രിസ്തുവോ നാം പാതികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എത്രയധികമായി അത് കഴിഞ്ഞ് പത്താം വാക്യം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും കർത്താവ് നമ്മെ തൻ്റെ ജീവനെ നൽകുവാൻ തൻ്റെ ജീവിതം നൽകുവാൻ നമ്മെ സ്നേഹിച്ചെങ്കിൽ അതിനെ തുടർന്ന് എത്രയധികം നാം ദൈവകോപത്തിൽ നിന്ന് എത്രയധികം കർത്താവിൻ്റെ ജീവനാൽ നമുക്ക് ആ ദിവ്യ സ്വഭാവത്തിൽ നമുക്ക് വളരുവാനായിട്ട് കഴിയും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു അവിടുന്ന് നമ്മോടൊപ്പമുണ്ട് നമ്മെ സഹായിക്കുവാൻ അവിടുന്ന് എപ്പോഴും താല്പര്യമുള്ളവരാണ് എന്നുള്ള സത്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അത് എഴുതപ്പെടുകയാണ് ഞാൻ ചില വാക്യങ്ങളൊക്കെ വായിക്കുകയാണ് അത് നമുക്ക് വചനം കേൾവിയിലൂടെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വരുവാനായിട്ടാണ് നാം റോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം അവിടെയും ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവാത്മാവ് നടത്തുന്നവൻ നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് പറഞ്ഞിട്ട് പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് ആത്മാവ് അബ്ബ പിതാവേ എന്ന് എനിക്ക് വിളിക്കുക ഞാനൊരു ദാസ്യത്തിൻ്റെ മനോഭാവത്തോടെ ഞാൻ ഭയത്തിലിരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്നെ സ്നേഹിക്കുന്ന എന്ന കരുതുന്ന ഈ നല്ല പിതാവിനെ അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ എൻ്റെ എന്നെ സഹായിക്കുന്ന അപ്പ എന്നൊരു കുഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്നത് പോലെ എനിക്ക് വിളിക്കുവാനായിട്ട് കഴിയും മത്തായി ആറിൻ്റെ ഇരുപത്തിയാറാം വാക്യം അവിടെയും ദൈവം നമ്മെ കരുതുന്നതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും അവിടെ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്കുവേൻ എന്ന് പറയുന്നു ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരിയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു ഈ ആകാശത്തിലെ പറവുകളെ പുലർത്തുന്ന ഈ ദൈവം എന്നിട്ട് പറയുന്നു അവയേക്കാൾ നിങ്ങളെ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ അവയേക്കാൾ നിങ്ങൾ ആകാശത്തിലെ പറവകളേക്കാൾ നിങ്ങളേറ്റവും വിശേഷതയുള്ളവരല്ലോ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ ആർക്ക് അപ്പോൾ കർത്താവ് പറയുന്നത് ദൈവം പറയുന്നത് ഞാൻ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളുടെ പിതാവാണ് നിങ്ങൾക്ക് വേണ്ടി നല്ല വിചാരങ്ങൾ എനിക്കുണ്ട് ആകാശത്തിലെ പറവുകളെക്കാട്ടിലും വയലിലെ താമരയെക്കാട്ടിലും ഒക്കെ നിങ്ങൾ എത്രയോ വിശേഷപ്പെട്ടവരാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ആകുലപ്പെടുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ വിചാരപ്പെടുന്നത് അബ്ബ പിതാവേ എന്ന് പറഞ്ഞ് വിചാരത്തിൻ്റെ ആവശ്യമില്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന സത്യത്തിൽ നമുക്ക് ഉറച്ചിരിക്കും ഞാൻ ഒരു വാക്യം കൂടെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വായിക്കാം നമ്മുടെ ഉത്സാഹത്തിനാണ് ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം അവിടെ ദൈവത്തെ എതിർത്തുകൊണ്ടിരുന്ന പിന്മാറ്റത്തിലേക്ക് പോയി ഇസ്രായേൽ മക്കളെ അത് കഴിഞ്ഞ് അവരുടെ മാനസാന്തരം ഉണ്ടാകുമ്പോൾ അവർ അവർക്ക് ഒരു ഹൃദയത്തിൽ ഒരു മാറ്റം വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കുവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്ര ഉള്ള നിരൂപണങ്ങൾ എന്ന് എ ഹോബിയുടെ അരുളപ്പാട് അത് എത്ര മനോഹരമായ ഒരു വാക്യമാണ് അത് ഇംഗ്ലീഷിൽ കുറച്ചും കൂടി മനോഹരമാണ് ഫോർ ഐ നോ ദ പ്ലാൻസ് ദൈ ഹാവ് ഫോർ യു ഡിക്ലെയർ ദ ലോട്ട് പ്ലാൻസ് ഫോർ വെൽഫെയർ ആൻഡ് നോട്ട് നോട്ട് ഫോർ യു ഫോർ കലാമിറ്റി ടു ഗിവ് യു എ ഫ്യൂച്ചർ ആൻഡ് എ ഹോപ്പ് ടു ഗിവ് യു എ ഫ്യൂച്ചർ ആൻഡ് എ ഹോപ്പ് നിനക്ക് ഒരു ശുഭ വരുവാൻ നിനക്ക് ഒരു നല്ല ഭാവി വരുവാൻ നിനക്ക് പ്രത്യാശ വരുവാൻ എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ അങ്ങനെയുള്ള നിരൂപണങ്ങളാണ് അങ്ങനെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം നമ്മെക്കുറിച്ച് ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചു എനിക്ക് നല്ല ഭാവി ഉണ്ടാവണം എനിക്ക് ശുഭഭാവിയുണ്ടാവണം എനിക്ക് നല്ല ഹോ പ്രത്യാശ എന്ന് അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പ്രിയ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ മുതിർന്നവരെ നമുക്ക് ഈ ഒരു സത്യത്തിൽ നമുക്ക് കുറയ്ക്കാം ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എനിക്കായി കരുതുന്നു ദൈവത്തിന് എന്നെക്കുറിച്ച് നല്ല പദ്ധതികളാണ് ഉള്ളത് രണ്ടാമത്തെ ഒരു അടിസ്ഥാന സത്യം ടെംപ്ടേഷൻസ് ആൻഡ് ട്രയൽസ് ആർ ടു സ്ട്രെങ്തൻ മീ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പ്രലോഭനങ്ങൾ പരീക്ഷണങ്ങൾ നാം കടന്നു പോകുന്ന ഈ കാര്യങ്ങളൊക്കെ അത് നമ്മെ ശക്തീകരിക്കുവാനുള്ളതാണ് എന്നാൽ നമ്മെ തളർത്തി കളയുവാനുള്ളതല്ല നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ സത്യങ്ങളങ്ങ് നാം വിസ്മരിച്ച് എന്നെ തളർത്തിക്കൊണ്ടുപോകാൻ ഇപ്പോൾ ഇതാകെ ഒരു പ്രശ്നമായി ആകെ കുഴപ്പമായി എന്ന് പറഞ്ഞ് നിരാശയുടെ വാക്കുകളുമായിട്ട് നാം താഴേക്ക് പോകണം എന്നല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് കടന്നു പോകുന്ന ഓരോ ഈ ടെംപ്ടേഷൻസും ട്രയൽസും ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മുടെ ആത്മീകമായി നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മെ ശക്തീകരിക്കുവാൻ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്ന് നമ്മൾ യോഹനാൻ പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു ഏ അവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ലോകത്തിൽ അത് ഇംഗ്ലീഷിൽ യു ഹാവ് ട്രിപ്പിളേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ കഷ്ടങ്ങൾ ഉണ്ട് ഇപ്പം തന്നെ പല തരത്തിലുള്ള കഷ്ടങ്ങൾ പീഡനങ്ങളുണ്ട് നമുക്ക് ഒരു മൂന്നര വർഷക്കാലത്തെ ഒരു കൊടിയെ പീഡനത്തിലൂടെയും നാം കടന്നു ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇവിടെ കഷ്ടമുണ്ട് പക്ഷെ എന്നാൽ ആ വാക്യം അത് പറയുമ്പോൾ അതിൻ്റെ മുമ്പിലും പുറകിലും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഏ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് പക്ഷേ അതിനെ തുടങ്ങി പറഞ്ഞ് തുടങ്ങുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം നമുക്കെല്ലാവർക്കും പല മെഷറിലാണ് ഓരോരുത്തർക്കും ഓരോ അളവിൽ പല തരത്തിലുള്ള കഷ്ടതകൾ പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോകും എന്നാൽ ഈ കഷ്ടതകൾ പ്രയാസങ്ങൾ നമ്മുടെ പ്രലോഭനങ്ങൾ സമ്മർദ്ദങ്ങളൊക്കെ നമുക്ക് ആത്മീയമായിട്ട് നാം വളരണം ആത്മീയമായിട്ട് നാം മുമ്പോട്ട് പോകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം അനുവദിക്കുന്നത് എന്ന സത്യം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞാൽ ഒത്തിരി ആശങ്കകളിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാനായിട്ട് കഴിയും റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം നേരത്തെ വായിച്ച ആ വാക്യത്തിനൊക്കെ മുമ്പ് മൂന്നാം വാക്യത്തിൽ അവിടെ പറയുന്നു അവിടെ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ പറയുന്നു മൂന്നാം വാക്യം അതുതന്നെ അല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല നമുക്ക് കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ദൈവം നമുക്ക് ഒരു ഹോപ്പിനും ഒരു ഫ്യൂച്ചറിനും ദൈവം നമുക്ക് അനുവദിക്കുന്നതാണ് പല സാഹചര്യങ്ങൾ ഏഹ് അപ്പോൾ പ്രത്യാശിക്ക് പങ്കും വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ പ്രത്യാശ നശിച്ചു പോകേണ്ട നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അബ്ബാ പിതാവെ എന്ന് വിളിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയെയും കഷ്ടതയുണ്ട് കഷ്ണത സഹിഷ്ണുതയെ തമ്മിൽ വളർത്തുന്നു സഹിഷ്ണുത സിദ്ധതയെ വളർത്തുന്നു സിദ്ധത പ്രത്യാശയെ ഉള്ളവാക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പത്രോസ്സിന് പത്രോസ് അവിടെ ഉണ്ടായിരുന്ന പത്രോസ് അവിടെയുണ്ടായിരുന്ന വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അന്ന് വളരെയധികം പ്രയാസങ്ങളും പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ലേഖനം എഴുതുന്നത് അങ്ങനെ ആ പീഡനത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ മധ്യത്തിലൂടെ കടന്നു അവർക്ക് നാലാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യം മുതൽ പത്രോസ് പറയുന്നു പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവകാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു ഇതെന്തോ ഒരു അപൂർവകാര്യം എനിക്ക് മാത്രം സംഭവിക്കുന്ന ചിലപ്പം എന്നാലും എനിക്കിങ്ങനെ പറ്റി എന്ന് നമ്മൾ പലപ്പോഴും ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഒരു അപൂർവകാര്യം സംഭവിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിശയിച്ചു പോകേണ്ട ക്രിസ്തുവിൻ്റെ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരും ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവശ്യിക്കുന്നുവല്ലോ എന്നിട്ട് അവിടെ തുടർന്ന് പതിനാറാം വാക്യത്തിലും പറയുന്നു നിങ്ങൾ നമ്മൾ പല കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ല കഷ്ടം സഹിക്കേണ്ടത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത് അപ്പം നമ്മുടെ ഇങ്ങനെയുള്ള അഗ്നിശോധനയുടെ സാഹചര്യം വരും അഗ്നിശോധനയുടെ സാഹചര്യം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തിയറി പറയുകയല്ല നിങ്ങൾക്കറിയാം നിങ്ങൾ പലർക്കും അറിയാം ഞങ്ങളും ശരിക്കുമുള്ള അഗ്നിശോധനയിലൂടെ കടന്നു പോയിട്ടുണ്ട് ദൈവം ഞങ്ങളെ താങ്ങിയിട്ടുണ്ട് ആ താങ്ങിയ ദൈവം ഞങ്ങളെ കരുതിയ ദൈവം ഞങ്ങളെ സഹ് ഞങ്ങളെ മധ്യത്തിലും നിരാശപ്പെട്ടു പോകാതെ നമ്മുടെ നിങ്ങളിൽ ഒരുപക്ഷെ ചിലർക്കറിയില്ലായിരിക്കാം പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഒരു മകൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ അസുഖം വരികയും കീമോതെറാപ്പി എടുക്കേണ്ടി വരികയും ആ രീതിയിൽ തുടർന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും എന്നൊക്കെ പറയുന്നത് അതൊരു തീവ്രമായ ശോധന തന്നെയാണ് എന്നാൽ ആ ശോധനയുടെ മധ്യത്തിലും അതിൻ്റെ മധ്യത്തിലും ദൈവത്തിനൊരുദ്ദേശമുണ്ട് ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല ദൈവം നല്ല പിതാവാണ് ദൈവം എന്ന് എന്ന് വിശ്വസിക്കാനാണ് എന്ന് ആ രീതിയിൽ വിശ്വസിക്കാനും ആ രീതിയിൽ നാം പ്രത്യാശയുള്ളവരായിരിക്കാനും ആണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്കിന്ന് നമ്മുടെ ഇവിടെയൊക്കെ അഗ്നിശോധന എന്ന് പറയുമ്പോൾ അന്ന് തലവെട്ടുന്നു അവിടെ കൊണ്ട് എണ്ണ എണ്ണയിൽ ചൂടുള്ള തിളച്ചുള്ള എണ്ണയിൽ മുക്കി കൊല്ലുന്നു അവരെ സ്റ്റേക്കിൽ കെട്ടിത്തൂക്കി ഒരു മരത്തിൽ എൻ്റെ ഒരു കോലിൽ കെട്ടിത്തൂക്കി അവരെ തീ കത്തിക്കുന്നു അതിൻ്റെ മധ്യത്തിലൊക്കെ ഇങ്ങനെയുള്ള തീവ്രമായ ശോധന കടലൂടെ കടന്നു ഈ വിശ്വാസികളെ നോക്കിക്കൊണ്ടാണ് ഈ പത്രോസപ്പോലൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ അഗ്നിശോധന ഇതൊരു അപൂർവ്വ കാര്യമല്ല ഇതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇന്ന് കടന്നു അയ്യോ എനിക്ക് എന്തോ ഭയങ്കര തലവേദന എന്തോ പ്രശ്നം എന്ന് നമ്മളീ അവരൊക്കെ ഇത് കാണുമ്പോൾ എന്താണ്ടൊരു കൊതുകടി നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഇവരുടെയൊക്കെ വലിയ വലിയ അഗ്നിശോധനയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇതൊരു അപൂർവ്വ കാര്യമല്ല ഈ ലോകത്തിലെല്ലാവർക്കും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കഷ്ടങ്ങളുണ്ട് പക്ഷേ ഇതാ ഈ ലോകം പ്രിയ സഹോദര നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയ സഹോദരി ലോകം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു പിശാജ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവവും അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിശാചിനെ കാണിച്ചു കൊടുക്കുവാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു യോബിന ദൈവത്തിനെ കണ്ടു ഒരു കൊച്ചുശോധന വരുമ്പോ ഒരു വലിയ ശോധന വരുമ്പോ അവിടെ നിന്റെ വിശ്വാസത്തെ പരിശോധിക്കുകയാണ് എന്നിട്ട് ദൈവം അവിടെ പിശാജിന് കാണിച്ചു കൊടുക്കുവാൻ അതാ എൻ്റെ ഒരു മകൻ അവരെല്ലാം പരാതിയും പിറുവിറുപ്പും പറയുമ്പോൾ ഇവനിതാ ഇവിടെ നിൽക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തിന് തെറ്റ് പറ്റുന്നില്ല എന്ന് സാക്ഷ്യം പറയുന്നു ഇതിലൊക്കെയും ഇതിലൊന്നും ഈ യോപ ചെയ്തില്ല ദൈവത്തിന് കുറ്റം ആരോപിച്ചില്ല എന്ന് പറയുന്നു നമുക്ക് നമ്മെ സംബന്ധിച്ചോളം നാം കടന്നു പോകുന്ന ശോധനകൾ നമ്മൾ ഒന്നാം അധ്യായത്തിൻ്റെ നമ്മൾ പന്ത്രണ്ടാം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലാണ് നാം വായിച്ചത് ഒന്നാം അധ്യായത്തിൻ്റെ നാല് മുതൽ ഉള്ള വാക്യങ്ങളിൽ അവിടെയും ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള ഭാഗത്ത് ആറാം വാക്യം അവിടെ പറയുന്നു ഇതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു നിങ്ങൾക്ക് നാനാ പരീക്ഷകളുണ്ട് എന്നാലും ഇത് അല്പനേരത്തേക്കാണ് അല്പനേരത്തേക്ക് ഏർ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അഞ്ചാം വാക്യം ക്ഷയം വാലിന്യം വാട്ടം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ ഒരു അവകാശത്തിനായി ആണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ യാത്രയിൽ നിങ്ങൾക്ക് അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു അഴിഞ്ഞു പോകുന്നത് ഏഴാം വാക്യം അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും അപ്പോൾ നമുക്ക് കടന്നു പോകുന്ന ചെറുതും വലുതുമായ ഒരു ശോധന ആ ശോധന വരുമ്പോൾ അതിനെ പറയുന്നത് അതൊരു വിശ്വാസത്തിന്റെ ശോധനയും കൂടിയാണ് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് പരിശോധനയാണ് ആ വിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയതാണ് അപ്പോൾ അത് ആ പരിശോധനയിൽ നിങ്ങൾ തളർന്നു പോകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് പരാതിയും വെറുതെപ്പും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൻ്റെ മധ്യത്തിലും കർത്താവെ അങ്ങ് അങ്ങ് മതിയായവനാണ് അബ്ബ പിതാവാണ് അങ്ങ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് ആ പുത്രത്വത്തിൻ്റെ ആത്മാവോടുകൂടെ ദൈവസ്നേഹത്തിൽ ഉറച്ച് നാം നിൽക്കുന്നുവെങ്കിൽ പിശാജിന് മുമ്പിൽ ഈ ലോകത്തിന് മുമ്പിൽ ആശ്രയബോധമില്ലാതെ നിരാശപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിന് മുമ്പിൽ അതൊരു വെല്ലുവിളിയാണ് നമ്മെ സംബന്ധിച്ചോളം ദൈവം ആ രീതിയിൽ നമുക്ക് ഈ ദൈവവചനത്തിലുള്ള അനേക സാക്ഷികളുടെ ദൈവം ദൈവവചനത്തിൽ നാം കാണുന്ന അനേക ദൈവഭക്തന്മാരുടെ സാക്ഷികളുടെ സമൂഹം നമ്മുടെ ചുറ്റിലും ക്രിസ്തീയ ലോകത്ത് നമ്മുടെ ചുറ്റിലും ക്രിസ്തീയ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന അനേക ദൈവഭക്തന്മാർ അവർ കടന്നുപോയ ശശോധനയിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല അവർ നിന്നു നമുക്കും അത് ഒരു വെല്ലുവിളിയായി നമുക്ക് നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ ഒരു ഉറപ്പ് വേണം ഒന്നുകൊരിന്ത്യർ പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം നല്ലപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ് എന്നാലും നമ്മ ഒന്നുകൂടെ വായിക്കുന്നത് നല്ലതാണ് ഒന്ന് പോരന്ത പത്താം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ഏ ഒരു അപൂർവകാര്യം എന്ന് വിചാരിക്കരുത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിവിനു മീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും നമുക്ക് സഹി സഹിപ്പാൻ കഴിയാത്തൊരു പരീക്ഷ ദൈവം അനുവദിക്കില്ല അളന്ന് തൂക്കി നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ കഴിവിനു മീതേ ഒരു പരീക്ഷയും അനുവദിക്കില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സത്യത്തിൽ നമ്മുടെ ഹൃദയം നാം ഉറക്കണം നാം ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കണം ഒന്നാമതായിട്ട് നാം പറഞ്ഞത് ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എനിക്കായിട്ട് കരുതുന്നു ദൈവത്തിന് എന്നെ നല്ല പദ്ധതികളുണ്ട് രണ്ടാമതായിട്ട് നാം പറഞ്ഞു നാം കടന്നു പോകുന്ന പ്രലോഭനങ്ങൾ നാം കടന്നു എല്ലാ ട്രയൽസ് അത് നമ്മെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത് മൂന്നാമതായി നാം അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ഹൃദയത്തിൽ നാം ഉൾക്കൊള്ളേണ്ട ഒരു സത്യം നാരോ ഗേറ്റ് ആൻഡ് നാരോ വേ ലീഡ്സ് ടു ലൈഫ് ഇത് നമുക്കറിയാവുന്നതാണ് എന്നാലും ജീവങ്കലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാണ് ജീവങ്കലേക്കുള്ള വഴിയും ഇടുങ്ങിയതാണ് ചിലരെ സംബന്ധിച്ചോളം ഒരു ഇടുങ്ങിയ വാതിലിലൂടെ അവർ പ്രവേശിക്കും ഇടുങ്ങിയ വാതിലിലൂടെ അവർ പ്രവേശിച്ച് അവർ ചിലപ്പോൾ അന്ന് ചില നിലപാടുകളൊക്കെ എടുത്തു അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു സമുദായത്തിൽ ആളുകളൊക്കെ അവരെ തിരസ്കരിച്ചു അവർ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ എടുത്ത് നിലപാടെടുത്ത് അവർ ഒരു ഇടുക്ക് വാതിലിലൂടെ അകത്ത് പ്രവേശിച്ചു പക്ഷേ ഇടുക്ക് വാതിലിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഇടുക്ക് വഴിയിലൂടെയാണ് ജീവങ്കിലേക്ക് പോകേണ്ടത് ആ വഴിയും ഇടുക്കമുള്ളതാണ് നാം ഇടുക്ക് വഴിയിലൂടെ തുടർമാനമായി നാം നമ്മുടെ സ്വയത്തെ സ്വയത്തെ രക്തം പൊടിഞ്ഞുകൊണ്ട് നമ്മുടെ തോളുകളൊക്കെ ഉരഞ്ഞുകൊണ്ട് നാം മുമ്പോട്ട് പോകുന്ന ഒരിടുക്ക് വഴി ആ വഴിയിലൂടെയാണ് നാം മുമ്പോട്ട് നിത്യജീവങ്കിലേക്ക് പോകേണ്ടത് നമ്മൾ മത്തായി ഏഴാം അധ്യായത്തിൽ ആ വാക്യം കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ് നമുക്ക് ആ വാക്യം ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം മത്തായി ഏഴാം അധ്യായം പതിമൂന്നാം പതിനാലും വാക്യം ഇടുക്കു വാതിലൂടെ അകത്ത് കടക്കുകയും നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശ വീതി വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു ജീവങ്കലേക്ക് പോകുന്ന വാതിൽ എടുക്കവും വഴിഞ്ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ ഇന്ന് ഈ വാതിലിനെയും വിശാലമാക്കി വഴിയേയും വിശാലമാക്കി മുമ്പോട്ട് പോകുവാനായിട്ട് അനുവദിക്കുന്ന ഒരു ക്രിസ്തീയ ലോകത്തിന് ചുറ്റുമാണ് നമ്മൾ നിൽക്കുന്നത് മാനസാന്തരപ്പെട്ട് കർത്താവിനെ യഥാർത്ഥ ദീക്ഷകനായി സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നതിന് ഒരു വിലയൊന്നും കൊടുക്കണ്ട നിങ്ങൾക്ക് ആ വെറുതെ ഒരു ഉള്ളത്തിൽ ഒരു കൈ ഉയർത്തിയാൽ മതി യേശുവിനെ ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ അങ്ങനെ വിശാലമായ ഒരു വാതിലിനെ അവർ പ്രസൻറ്റ് ചെയ്യുന്നു അതുകഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴും ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് പ്രോസ്പെരിറ്റി ഗോസ്പൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാം കിട്ടിക്കോളും ഏഹ് നിങ്ങൾക്കെല്ലാം കിട്ടും ദൈവമെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി കറങ്ങുന്നു ഏഹ് നിങ്ങളാണ് കേന്ദ്രം നിങ്ങളുടെ ചുറ്റിനും ദൈവം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തരം ഫോൾസ് ഗോസ്പലാണ് ഇന്ന് നമ്മുടെ ചുറ്റിനും കേൾക്കും അതിനു യേശു പറഞ്ഞ് ഒരു ഇടുക്കമുള്ള വാതിൽ ഇടുക്കമുള്ള വഴി അതിലൂടെയാണ് നിത്യജീവൻ അതിലൂടെയാണ് ഞാൻ എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുക അപ്പോൾ അത് എന്ന് പറയുന്നത് അത് താഴ്മയുടെ വഴിയാണ് അത് കുറയുന്ന വഴിയാണ് നമ്മുടെ സ്വയം നമ്മൾ വെട്ടുകൊടുക്കുന്ന വഴിയാണ് നാം ഓരോ സാഹചര്യങ്ങളുടെ മധ്യത്തിലും നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഇത് എഴുതുമ്പോൾ നമുക്ക് പല സാഹചര്യങ്ങളിലൂടെ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോവും കടന്നു പോകുന്ന സമയത്ത് കർത്താവെ ഞാൻ കുറയണം ഇവിടെ എൻ്റെ ഇഷ്ടം അത് താഴേക്ക് പോകണം ഞാൻ കുറയണം ഞാൻ കുള കുറഞ്ഞാൽ മാത്രമേ അങ്ങേക്ക് വളരുവാനായിട്ട് കഴിയൂ നമ്മൾ യോഹനാഥൻ മൂന്നിൻ്റെ മുപ്പതിലാണല്ലോ ആ വാക്യമുള്ളത് അവൻ വളരണം അവൻ വളരണം നമുക്കെല്ലാം താല്പര്യമാണ് യേശു വളരണം യേശു എന്നിൽ വളരണം ഏ നമുക്ക് പറയാനും കേൾക്കാനും ഒക്കെ എത്ര രസമാണ് ഏഹ് യേശു വളരണം യേശു എന്നിൽ വളരണം യേശു നിന്നിൽ വളരണം പക്ഷേ ഇതൊരു പിന്നെ ഇതിനോട് ചേർന്ന ഒരു കൊറോളറിയായിട്ടൊരു കാര്യമുണ്ട് യേശു എന്നിൽ വളരണമെങ്കിൽ ഞാൻ കുറയണം ഞാൻ കുറയാനായിട്ട് ഞാൻ സന്നദ്ധനാകണം അപ്പോൾ ഇതൊരു ഇടുക്കമുള്ള വഴിയാണ് അപ്പം ഞാൻ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അതിന് വളരെ ലളിതമായിട്ട് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആരെങ്കിലും നമ്മ നമ്മെ ഒന്ന് വഴക്ക് പറയുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തിരുത്തുന്നു ആരെങ്കിലും എന്തെങ്കിലും പറ ഉടനെ പെട്ടെന്ന് ഞാൻ തൊട്ടപ്പാടിയെ പോലെ Uh, getting offended getting offended muri pettu povu petannu ennodu naloo angane ennodu paranju eniki venda oru maanam thannilla ennodu aaychil allengi ennodu vannu kandittu eniki yani eniki korchude naloo enne korchude consider cheyanamayirundu illa ennodu angane paranju ennu paranje nammal muri pettu povu petannu mogam vaaduna muri pettu poguna offended avuna veetil churchil jolly salathu narku namme todan pattunnilla തൊട്ടവാടിയെപ്പോലെ നമ്മളിരിക്കുന്നു ഇതൊക്കെ നമുക്ക് കുറയാൻ മനസ്സില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ഞാൻ കുറയുക കർത്താവ് വളരുക ഇങ്ങനെയുള്ള സാഹചര്യത്തിൻ്റെ മധ്യത്തിലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു ഞാൻ കുറയാനായിട്ട് തയ്യാറാവുന്നു അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് കർത്താവ് വളരുന്നു അല്ലെങ്കിൽ നമുക്ക് സോറി സാരി നമ്മൾ നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക നമുക്ക് ഒരു ടീച്ചബിൾ സ്പിരിറ്റുണ്ടോ അതായത് വളരെ എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് നമ്മോട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും നമ്മെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ നമ്മൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് ആ പറയുന്നതിനപ്പുറത്ത് നമുക്ക് നമ്മൾ യാക്കൂമിൻ്റെ ലേഖനത്തിൽ എന്താ വായിക്കുന്നത് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കും ഏഹ് കേൾപ്പാൻ വേഗത പറവാൻ താമസം ഏതോ ഒരു ദേവദാസം പറഞ്ഞു എത്ര ചെവിയാണ് നമുക്കുള്ളത് നമുക്ക് രണ്ട് ചെവി ഉണ്ട് പക്ഷെ എത്ര വായുണ്ട് ഒരു വായു വായ ഒന്നേ ഉള്ളൂ ചെവി രണ്ടുണ്ട് അപ്പോ നമുക്ക് കേൾക്കണം കേൾക്കാനായിട്ട് വേഗത ഉള്ളവരായിരിക്കണം അപ്പൊ നമ്മൾ ആരെങ്കിലും നമുക്ക് എന്ന് പറയുന്നു ഒന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ കേൾക്കാനായിട്ട് നമുക്കൊരു മനസ്സില്ല കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ നമ്മൾ അങ്ങ് പല കാര്യങ്ങൾ നമ്മൾ തിരിച്ച് തിരിച്ചങ്ങ് പറയുക നമുക്ക് അറിയാം അപ്പൊ നമുക്ക് ഇതെല്ലാം കാണിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ഇഷ്ടം ഞാൻ അതിലങ്ങ് ഉറച്ചിരിക്കുകയാണ് എനിക്കറിയാം ഏ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം അവിടെയും പലപ്പോഴും നമ്മൾ അന്യോന്യമുള്ള കോൺവെർസേഷൻസിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ചേർച്ചിൽ സൗദി സോന്മാരുടെ ബന്ധത്തിൽ നമുക്ക് പെട്ടെന്ന് വെളിച്ചം കിട്ടും കർത്താവേ ഞാൻ എത്ര റിച്ച് ആയിട്ടിരിക്കുന്നു ഞാൻ എത്ര ഒരു കാര്യം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേൾക്കുന്നതിനപ്പുറം ഞാൻ ഉടനെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഏ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ടീച്ചബിൾ എന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന സൗമ്യതയുള്ള നമ്മളങ്ങനെ വായിക്കുന്നുണ്ട് പത്ത് ദിവസത്തിൻ്റെ ലേഖനത്തിൽ അങ്ങനെയൊരു വാക്യുണ്ട് നിങ്ങൾക്ക് സൗമ്യതയുള്ള ആത്മാവിൽ ദൈവവചനം നമ്മൾ കൈക്കൊള്ളുന്നതിനെക്കുറിച്ച് പറയും അപ്പോൾ നമ്മളിവിടെ കേൾ പറയുന്ന വചനം മാത്രമല്ല നമ്മളിപ്പോൾ ആരെങ്കിലും ദൈവവചനം സംസാരിക്കുമ്പോൾ മറ്റുള്ള ആരും സംസാരിക്കുന്നില്ല പക്ഷേ നമ്മുടെ അന്യോന്യമുള്ള കോൺവെർസേഷൻസിലും നമുക്കൊരു ഒരു റിസീവിങ് സ്പിരിറ്റ് ഒരു ടീച്ചബിൾ സ്പിരിറ്റ് ഇതുണ്ടെങ്കിലേ ദൈവത്തിനെ നമ്മെ പഠിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളു ഒരു കേൾക്കുന്ന ആത്മാവ് അപ്പോൾ നമുക്ക് ഇതും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വളരെ അടിസ്ഥാനപരമായിട്ട് പ്രധാനമായിട്ട് നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇടുക്ക് വാതിൽ ഇടുക്ക് വഴി നമ്മെ തന്നെ ചെറുതാക്കുന്ന വിട്ടുകൊടുക്കുന്ന ക്ഷമ ചോദിക്കുന്ന നിരപ്പ് പ്രാപിക്കുന്ന നമുക്ക് തെറ്റ് പറ്റുമ്പോൾ ആ തെറ്റിനെ അക്നോളജ് ചെയ്യുന്ന എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന നമ്മെ തന്നെ വിനയപ്പെടുത്തുന്ന ഈ ഒരു മനോഭാവം ഈ ഒരു വഴി അല്ലാതെ ഞാനാണ് ശരി എന്ന് പറഞ്ഞ് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനപ്പുറത്ത് ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവും ഈ വഴിയാണ് ജീവങ്കിലേക്കുള്ള വഴി നാലാമതായിട്ട് എല്ലാ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൃപ എനിക്ക് മതിയായതാണ് ഹിസ് ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് അറ്റ് ഓൾ സർക്കംസ്റ്റാൻസസ് എല്ലാ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൃപ എനിക്ക് മതിയായതാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നാം കൈക്കൊള്ളേണ്ട ചില സത്യങ്ങൾ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമായി നമ്മുടെ ഹൃദയത്തിൽ നാം ഉൾക്കൊള്ളേണ്ട ചില സത്യങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മൾ രണ്ടുപൂരിന്തിയൊരു പന്ത്രണ്ടാം അധ്യായം അവിടെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം തൻ്റെ ജീവിതത്തിലെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ക്ലേശത്തിൻ്റെ മധ്യത്തിൽ അവന് എന്താണ് ആ ജഡത്തിലെ ശൂലം അതൊരുതരം രോഗമോ പ്രയാസമോ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നമാണോ ശരീരത്തിലുണ്ടായിരുന്ന മറ്റെന്തെങ്കിലും അസുഖമായിരുന്നു എന്താണെന്ന് നമുക്ക് വ്യക്തതയില്ല എന്നാൽ അവിടെ പറയുന്നു അത് എൻ്റെ ഈ ജഡത്തിലെ ശൂലം അത് എന്നെ വിട്ടുനീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അപ്പോൾ നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവിനോട് മൂന്ന് വട്ടം ഞാൻ അപേക്ഷിച്ചു ഒമ്പത് എന്നാൽ അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകെയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും എൻ്റെ കൃപ നിനക്ക് മതി നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കർത്താവേ ഇത് എന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല പക്ഷേ നിൻ്റെ കൃപയുണ്ടെങ്കിൽ എനിക്ക് മതി നിൻ്റെ കൃപയുണ്ടെങ്കിൽ എനിക്ക് മതി നമുക്ക് അങ്ങനെയൊരു ഒരു ഉള്ളത്തിൻ്റെ ആഴത്തിൽ ആ ഒരു ബോധ്യം അപ്പോൾ നമ്മൾ കൃപ എന്ന് പറയുമ്പോൾ എൻ്റെ കൃപയുണ്ടെങ്കിൽ എനിക്ക് മതി അപ്പോൾ കർത്താവ് ആർക്കാ കൃപ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചിന്തിച്ചു താഴ്മയുടെ വഴിയിൽ പോകുമ്പോൾ നിസ്സഹായതയുടെ വഴിയിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് താഴ്മയുടെ വഴികളിൽ പോകുമ്പോഴാണ് ദൈവം നമുക്ക് കൃപ നൽകുന്നത് നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന പത്രോസിൻ്റെ ലേഖനത്തിലും യാക്കോബിൻ്റെ ലേഖനത്തിലും ആവർത്തിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു എന്നുള്ള വാക്യം അവിടെ പറയുന്നത് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അപ്പോൾ താഴ്മയുള്ള ഒരു ഹൃദയം വിനയമുള്ള ഒരു ഹൃദയം അവിടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഇറങ്ങി വരുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ കൃപ അവിടെ നമ്മെ സഹായിക്കും ഒന്ന് പത്ര ദിവസം അഞ്ചിൻ്റെ അഞ്ചിലും യാക്കോബ് നാലിൻ്റെ ആറിലും നാം ആ വാക്യം നാം വായിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ താഴ്മയുള്ള ഒരു ഹൃദയത്തോടു കൂടെ വിനയത്തോടു കൂടി ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവിടെ വരാൻ വരും എന്ന് മാത്രമല്ല ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് വിശ്വാസം വേണം അപ്പോൾ വിശ്വാസവും വളരുന്നത് വിശ്വാസവും ഉണ്ടാകുന്നത് ഈ താഴ്മയുള്ള ഹൃദയത്തിലാണ് അപ്പോൾ താഴ്മയുള്ളവർക്കാണ് വിശ്വസിക്കാനും എളുതായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നത് തൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല ദൈവത്തിൽ ചാരേണ്ട ആവശ്യമില്ല വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നാൽ താഴ്മയോടെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അപ്പോൾ താഴ്മ അത് വിശ്വാസത്തിലേക്ക് നയിക്കും താഴ്മ അത് തുടർമാനമായി ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് നമ്മെ നയിക്കും ഞാൻ ഓരോരോ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഞാനും കാണുകയായിരുന്നു എൻ്റെ കോളേജിലൊക്കെ ഉള്ള എൻ്റെ ജോലിയുമായി ബന്ധത്തിൽ പലതരത്തിലുള്ള ഉത്തരവാദിത്വം പലതരത്തിലുള്ള പ്രശ്നം ചിലപ്പോൾ ഒരു പ്രശ്നം ചിലപ്പോൾ അധ്യാപകരുടെ പ്രശ്നം ചിലപ്പോൾ മാനേജ്മെൻറ്റിൽ നിന്നുള്ള സമ്മർദ്ദം ചിലപ്പോൾ പുറത്ത് രാഷ്ട്രീയക്കാരുടെ പ്രശ്നം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാനും ഈ ദിവസങ്ങളിലായിട്ട് ഞാനിങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും ഭർത്താവ് ഇടക്കിടക്ക് കർത്താവ് വീണ്ടും വാങ്ങി ഓർക്കാൻ കർത്താവെ അങ്ങയിൽ ഡിപ്പെൻഡ് ചെയ്യാൻ വീണ്ടും അങ്ങോടുന്ന പ്രാർത്ഥന കർത്താവ് ഇപ്പോൾ എന്നെ സഹായിക്കണേ ഇവിടെ ഞാനും തരണേ എന്താ ചെയ്യേണ്ടത് കർത്താവെ സഹായിക്കണേ കർത്താവ് എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര സ്വസ്ഥതയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് എന്നാൽ ഇപ്പം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തെരിച്ചാൽ അതോടെ നമ്മൾ അസ്വസ്ഥരായി നമുക്ക് ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകും നമുക്കെല്ലാം പരിചയമുള്ള ഒരു വാക്യമാണ് മ്യാവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം രമ്യാവിൻ്റെ പുസ്തകം പതിനാല് സോറി പതിനേഴാം അധ്യായത്തിലുള്ള അഞ്ചാം വാക്യത്തിൽ പറയുന്നത് മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹുവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ ഒരു പച്ചപ്പില്ലാതെ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യനിൽ ആശ്രയിച്ച് ആ മനുഷ്യൻ ഞാൻ തന്നെയായിരിക്കും എന്നിൽ തന്നെ ആശ്രയിച്ച് എൻ്റെ ഭുജത്തെ ജഡ് ഭുജബലമാക്കി ജഡത്തെ ഭുജബലമാക്കി മറ്റുള്ളവരിൽ ആശ്രയിച്ച് അതിനു പകരം യഹോവയിൽ ആശ്രയിക്കുകയും ഏഴാം വാക്യം യഹോബയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോബയിൽ ആശ്രയിക്കുന്നു എന്ന് മാത്രമല്ല ആ പ്രയോഗം യഹോബയിൽ ആശ്രയിക്കുന്നു എന്ന് മാത്രമല്ല യഹോവ തന്നെ ആശ്രയം എനിക്ക് കർത്താവ് തന്നെയാണ് ആശ്രയം കർത്താവ് ഉണ്ടെങ്കിലേ പറ്റും കർത്താവെ അങ്ങ് സഹായിച്ചല്ലാതെ പറ്റില്ല താഴ്മയുള്ള ഇടത്ത് നമുക്ക് വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയം ദൈവത്തിൽ ചാരുന്നു ദൈവത്തിൻ്റെ കൃപ വളരെ എളുപ്പത്തിൽ അവിടേക്ക് ഒഴുകുവാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ എൻ്റെ കൃപ നിനക്ക് മതി എല്ലാ സാഹചര്യത്തിലും കർത്താവയുടെ കൃപ എനിക്ക് മതി മതിയായതായിട്ടാണ് പിന്നെ നമുക്ക് എന്തിനാ നമ്മളെ പേടിക്കുന്നത് നമുക്ക് സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിന് ഉള്ള ഒരു വഴിയാണ് ഇത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്നേഹിക്കുന്നു ഒന്നാമത് ദൈവം എനിക്കായി കരുതുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ അത് വളരെ നല്ല പദ്ധതികളാണ് രണ്ടാമതായി നമ്മുടെ പ്രലോഭനങ്ങൾ പരീക്ഷകളങ്ങളൊക്കെ നമ്മെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ് ഇടുക്കമുള്ള വാതിലും ഇടുക്കമുള്ള വഴിയിലൂടെയുമാണ് നമുക്ക് ജീവൻ തലേക്ക് പോകേണ്ടത് നാലാമതായി ചിന്തിച്ചത് ദൈവത്തിൻ്റെ കൃപ അതെനിക്ക് സാഹചര്യത്തിലും മതിയായതാണ് എന്ന് നാം ചിന്തിച്ചു അവസാനമായി ഒരു കാര്യം കൂടെ ചിന്തിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുവാനായിട്ട് താല്പര്യപ്പെടും അവസാനമായിട്ട് നമ്മളെ റോമലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു sin shall not have dominion over me paavam ende mel kartrutham nadathukilla ennu paulus apostolen romaakarukku lekhana veldumbol angane oru prayogam avade undu e, roma lekhanam 6-nte 14-amathe vakiyam namma hridayathilekku namukku eppozhum nam etu parayenda nam eppozhum hridayathil ulkkollenda oru <coughs> karyam namukku chittinum ee tharatilulla പാപത്തിൻ്റെയും പ്രലോഭനങ്ങളും വരുമ്പോഴും നമ്മുടെ ഉള്ളത്തിൽ നാം പറയണം ആറാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല നിങ്ങൾ കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല സിൻസ് ഷാൽ നോട്ട് ഹവ് ഡൊമിനിയൻ ഓവർ യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതായത് ഇന്ന് എൻ്റെ മേൽ നടത്തുന്ന എൻ്റെ മേൽ എന്നെ പിടിച്ച് പാവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റാകട്ടെ ഏതെങ്കിലും ഒരു തെറ്റായ സ്വഭാവമാകട്ടെ അത് കോപമാകട്ടെ ഏതെങ്കിലും ഒരു തെറ്റായ ലൈംഗിക മോഹമാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു മോഹമാകട്ടെ ഒരു ആഗ്രഹമാകട്ടെ ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കാം അല്ലെങ്കിൽ പല സൗകര്യമാരെ സംബന്ധിച്ചോളവും അവർക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്ന പ്രശ്നം ആകുല ആകുല ചിന്തയാണ് ആക ആകുലചിന്ത ഓരോ സാരിയത്തിലും എന്ത് എന്ത് പറ്റും എന്താവും എന്നുള്ള ആകാംക്ഷ ആകുലചിന്തയും പാപമാണ് എന്ന് ദൈവത്തിന്റെ വചനം ഇടയ്ക്ക് ഒരു പക്ഷേ പെട്ടെന്ന് ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ ഉള്ളത്തിലേക്ക് ഒരു ആകുലചിന്ത വന്നെന്ന് വരാം പക്ഷേ എന്താ പറയുന്നത് നമ്മൾ ഈ ആകുലചിന്തയിൽ അങ്ങ് മുഴുകി പോകരുത് അല്ലെങ്കിൽ അവിടെ പറയുന്നത് ഈ പാപം നമ്മിൽ കർത്തൃത്വം നടത്തുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഞാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് ഞാൻ താഴ്മയുള്ള ഒരു വഴിയിൽ പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ വരുമ്പോൾ ഈ പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ അതിന് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ അത് ഏറ്റു പറയണം കർത്താവ് ഇന്ന് ഞാൻ കാണുന്ന ഈ ഒരു കാര്യം എനിക്കത് വളരെ ഒരു ഗോലിയാത്തിനെ പോലെ തോന്നുന്നു പക്ഷേ അങ്ങനെ വചനം പറയുന്നു ഞാൻ കൃപയ്ക്ക് അധീനനാണ് ഞാൻ കൃപയ്ക്ക് അധീനനാകുകൊണ്ട് ഈ പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല ഇന്ന് എന്നെ അലട്ടുന്ന ഈ ഒരു പ്രശ്നം ഈ ഒരു തെറ്റായ ശീലം ഈ ഒരു തെറ്റായ എൻ്റെ കോപമാകട്ടെ എൻ്റെ ദേഷ്യവും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എൻ്റെ ആകാംക്ഷ എൻ്റെ വിചാരങ്ങൾ ഇതൊക്കെ എന്തു എന്തുമാകട്ടെ കർത്താവേ എൻ്റെ ഇന്ന് എപ്പോഴും എൻ്റെ പണസ്നേഹം എന്ത് ഓരോരുത്തരെ സംബന്ധിച്ചോളം ഓരോന്നായിരിക്കാം ദൈവം നമുക്ക് വെളിച്ചം തരുന്ന ഏത് കാര്യമാണെങ്കിലും പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല ന്യായ പ്രമാണത്തിനല്ല ഞാൻ കൃപയ്ക്ക് അധീനനാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം നാം അത് വിശ്വാസത്തോടെ ഏറ്റു പറയണം നമുക്ക് അങ്ങനെയല്ലാതെ തോന്നുന്ന സമയത്ത് നാം പറയണം ഈ എന്നെ അലട്ടുന്ന ഈ പ്രലോഭനത്തെക്കാട്ടിലും അധികം എന്നിലുള്ള കർത്താവിന് ശക്തിയുണ്ട് എന്നിലുള്ള കർത്താവിന് അതിനെക്കാട്ടിൽ ശക്തിയുണ്ട് ഈ മല്ലനെ കീഴ്പ്പെടുത്തുവാൻ എന്ന് നമുക്ക് പറയാനായിട്ട് യേശുവിന് യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ നമ്മൾ മത്തായി ഒന്നാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ നാം വായിക്കുന്നത് നമ്മെ യേശു കാൽവറി ക്രൂസിൽ മരിച്ചത് നമ്മുടെ പാപങ്ങൾ നമ്മൾ ക്ഷമിക്കുവാൻ വേണ്ടി മാത്രമല്ല ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഇരുപത്തി ഒന്നാം വാക്യം അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കവുകൊണ്ട് നീ അവൻ യേശു എന്ന് അപ്പം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല നമ്മുടെ പാവുകളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ആണ് അവിടുന്ന് വന്നത് അതുകൊണ്ടാണ് യേശു എന്ന് പേരുള്ളത് അപ്പൊ കർത്താവ് നമ്മെ വിളിച്ചു നമ്മെ വീണ്ടെടുത്തു നമുക്ക് ക്രൂസിലൂടെ നമ്മുടെ പാപത്തെ ക്ഷമിച്ചു ക്ഷമിച്ചു കഴിഞ്ഞ് നമുക്ക് മുമ്പോട്ടുള്ള ഒരു യാത്രയുണ്ട് ആ യാത്രയിൽ ഇന്ന് എന്നെ അലട്ടുന്ന ഏതു തരത്തിലുള്ള പാപമാണെങ്കിലും ആ പാപത്ത് നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്യുന്നു അത് ഞാൻ വിശ്വസിക്കണം ഞാൻ ആഗ്രഹിക്കണം അതിൻ്റെ ഡൊമീനിയനിൽ നിന്ന് ഒരു പക്ഷേ ചിലപ്പോൾ ഒന്ന് നടന്നു പോകുമ്പോൾ എന്തെങ്കിലും തട്ടി ഒന്ന് വീണെന്നിരിക്കുക അപ്പോൾ വീണെന്ന് ഒന്ന് വീണാൽ ഓക്കെ ഞാൻ ഒരിക്കൽ ഞാൻ എനിക്ക് കോപപ്പെടണം എനിക്ക് താല്പര്യമില്ല പക്ഷേ പെട്ടെന്ന് ഒരു സമ്മർദ്ദം വന്നു ഞാൻ അങ്ങ് പൊട്ടിപ്പോയി ഒരു ദേഷ്യം വന്നു ദേഷ്യം വന്നാൽ ഉടനെ കർത്താവെ ഞാൻ തെറ്റ് അക്നോളജ് ചെയ്യുക കർത്താവ് ഞാൻ ചെയ്ത് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം ആ വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അക്നോളജ് ചെയ്യുക എന്നോട് ക്ഷമിക്കണം ദൈവം കർത്താവിൻ്റെ അടുത്തലേക്ക് വീണ്ടും എനിക്ക് തുടർന്ന് എന്നെ സഹായിക്കും എന്നെ വിടുതൽ ചെയ്യും അതിൻ്റെ ഡൊമീനിയനിൽ നിന്ന് ഞാൻ ഈ കോപത്തിനൊരു അടിവപ്പെട്ടവനായി അതെൻ്റെ എൻ്റെ അപ്പനും എൻ്റെ ഗ്രാൻഡ് ഒക്കെ ഇങ്ങനെ ദേഷ്യ സ്വഭാവം അപ്പോൾ ഞാനും ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടും അല്ലെങ്കിൽ എൻ്റെ ഇതെൻ്റെ എൻ്റെ ടെമ്പർമെൻ്റാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എസ്കേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എസ്കേപ്പ് ചെയ്യരുത് ദൈവത് വചന ഇങ്ങനെ പറയുന്നു സിൻ ഷാൽ നോട്ട് ഹാവ് ഡൊമിനിയൻ ഓർ മി ഞാൻ കർത്താവ് ഹൃദയം കൊണ്ട് അത് ഏറ്റെടുക്കുന്നു യേശു എന്ന പേര് എന്നെ പാവത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് വന്നത് എന്നെ ക്ഷമിക്കുവാൻ വേണ്ടി മാത്രമല്ല ഞാൻ ആ വഴിയെ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു നമുക്ക് ഈ സത്യങ്ങൾ നമ്മുടെ ഉള്ളത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കുകയും അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പോലീസ് പറഞ്ഞ പോലെ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ് എന്നാൽ ബിരുദ പ്രാപിക്കുന്നവർ ഏഹ് അവർ അവർ ചുരുക്കമാണ് ഏഹ് ബിരുദ ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടുന്നു പോലീസ് പറയുന്നു ഞാൻ എന്നെ തന്നെ ഇപ്പം ചില കാര്യങ്ങളിൽ പോലീസിന് പ്രയാസമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എന്നെ തന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറയും നമുക്ക് ആ രീതിയിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് നമുക്ക് ന ബുദ്ധി കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം ദൈവം എന്നെ സ്നേഹിക്കുന്നു എനിക്ക് ഏറ്റു കരുതുന്നു ദൈവത്തിന് എന്നെ നല്ല പദ്ധതികളാണ് മാത്രമാണ് ഉള്ളത് ഓരോ പരീക്ഷയും പ്ര പ്രലോഭനങ്ങളും കഷ്ടതകളും ഒക്കെ അത് എന്നെ തളർത്തുവാനല്ല എന്നെ ശാക്തീകരിക്കുവാൻ വേണ്ടിയാണ് ജീവങ്കലേക്കുള്ള ആ മാർഗം എന്ന് പറയുന്നത് വാതിലും വഴിയും അത് എടുക്കുമുള്ളതാണ് ആ വഴിയിലൂടെ താഴ്മയുടെ വഴിയിലൂടെയാണ് ഞാൻ മുമ്പോട്ട് പോകേണ്ടത് ദൈവത്തിൻ്റെ കൃപ താഴ്മയുള്ളവർക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൃപ അത് എനിക്ക് എല്ലാ സാഹചര്യത്തിലും അത് മതിയായതാണ് അത് മാത്രമല്ല അങ്ങനെയെങ്കിൽ ഞാൻ കൃപയ്ക്ക് അധീനനാകണമെങ്കിൽ പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈ സത്യങ്ങൾ ഏറ്റെടുക്കുകയും വരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അബ്ബാ പിതാവേ എന്ന് നമ്മെ വിളിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ഈ ഒരു പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിൽ ചെയ്ത് ഈ സത്യങ്ങൾ നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വ്യക്തി നമ്മുടെ കുടുംബജീവിതങ്ങൾ നമ്മുടെ സഭാജീവിതം നമ്മുടെ ജോലിസ്ഥലത്തുള്ള ജീവിതം എല്ലാം മാറുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ